ത്യായം നാല് എന്റെ പ്രിയെ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ മൂടുപടത്തിനടുവെ നിന്റെ കണ്ണ് പോലെ കണ്ണുപോലെ ഇരിക്കുന്നു നിന്റെ തലമുടി ഗലയാ മലഞ്ചെരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു നിന്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെപ്പോലെ ഇരിക്കുന്നു അവയിലൊന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു നിന്റെ അധരം കടും ചുവപ്പ് നൂൽ പോലെയും നിന്റെ വായ മനോഹരവും ആകുന്നു നിന്റെ ചെഞ്ഞികൾ നിന്റെ മൂടുപടത്തിൻ ഉള്ളിൽ മാതളപ്പഴത്തിൻ ഖണ്ണം പോലെ ഇരിക്കുന്നു നിന്റെ കഴുത്ത് ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തോട് ഒക്കും അതിൽ ആയിരം പരിച തൂക്കിയിരിക്കുന്നു അവയൊക്കെയും വീരന്മാരുടെ പരിശതന്നെ നിന്റെ സ്ഥനം രണ്ടും താമരക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന രണ്ടു മാൻകുട്ടികൾക്ക് സമം വെയിലാറി നിഴൽ കാണാതെയാകുവോളം ഞാൻ മൂറിൻമലയിലും കുന്തിരിക്ക കുന്നിലും ചെന്നിരിക്കാം എന്റെ പ്രിയെ നീ സർവാങ്ക സുന്ദരി നിന്നിൽ യാതൊരു ഊനവും ഇല്ല കാന്തെ ലബാനോനെ വിട്ട് എന്നോടുകൂടെ ലബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക അമാനാമുകളും ശനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപോരുക എന്റെ സഹോദരി എന്റെ കാന്തെ നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു എന്റെ സഹോദരി എന്റെ കാന്ത നിന്റെ പ്രേമം എത്ര മനോഹരം വീഞ്ഞനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം അല്ലയോ കാന്തെ നിന്റെ അധരം തേൻകട്ട പുഴിക്കുന്നു നിന്റെ നാവിൻ കീഴിൽ തേനും പാലും ഉണ്ട് നിന്റെ വസ്ത്രത്തിന്റെ വാസന ലബാനോന്റെ വാസന പോലെ ഇരിക്കുന്നു എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം അടച്ചിരിക്കുന്ന ഒരു നീരുറവ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ് നിന്റെ ചിനപ്പുകൾ വിശിഷ്ടഫലങ്ങളോടുകൂടിയ മാതളത്തോട്ടം മൈലാഞ്ചിയോടുകൂടെ ജഡമാംസിയും ജഡമാംസിയും കുങ്കുമവും വയമ്പും ലവങ്കവും സകലവിധ കുന്തരുക്ക വൃക്ഷങ്ങളും മൂറും അകിലും സകല പ്രധാന സുഗന്ധവർഗവും തന്നെ നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവും വറ്റിപ്പോകാത്ത കിണറും ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ വടതിക്കാറ്റ് ഉണരുക തെന്നിക്കാറ്റ് വരിക എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ടഫലം പൂജിക്കട്ടെ